शांत तम അന്താത്തപാവനമചന്യവൈഭവം തം നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേക്ക് അഹ विष्णु, ഗുരുർവിഷ്ണു देवो മഹേശ്വര ഗുരുസക്ഷാ പരം ബ്രംഹ തസ്മൈ ശ്രീഗുരവേ നമ ഈശോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗി വ്യോമവത്വ്യാതദേഹിമൂർത്തമ പാർയ പ്രതിബോധിത അദ്വൈതമൃതവർഷിണവധ്യ toString പങ്കു ലംഘയേ ഗിരിത്കൃപം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രദ്രമരുത സ്തുവീസ്തവൈ വേദസക്രമോപനിഷദൈ ഗായ ദ്ഗേന മനസാ പശ്യം യോഗിനോ യം നദുസുരാഗണ പാർസാരഥിണ ശ്രാവി ശുഭിര പാർത്ഥസാർത്തിഹരോ ദ ൂർത്തിന തിരുഷ പുരാണ ത്മസ്യ പരം നിധാനം വേദ്യം ചരം ചാമ ത്യാതം വിശ്വമനന്ത ഭഗവാന്റെ വിശ്വരൂപം കണ്ടതിൻ്റെ ഫലമായിട്ട് അർജുനൻ ഭഗവാനെ സ്തുതിക്കുന്നതാണ് നമ്മൾ കണ്ടത് ത്വം ആദിദേവഹാ പുരുഷ പുരാണ അർജുനൻ മാത്രല്ല ദേവതകളൊക്കെ സ്തുതിക്കുന്നത് ഋഷികളൊക്കെ സ്തുതിക്കണത് അർജുനൻ കണ്ടു ഇപ്പോ ഭഗവാനെ വേദങ്ങൾ സ്തുതിക്കുന്ന പുരുഷനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈശ്വരനായിട്ട് കണ്ടുകൊണ്ട് ത്വമാതിദേവ് പുരുഷ പുരാണ അവിടുന്ന് പുരാണ പുരുഷനാണ് അസ വിശ്വസ്യ പരം നിധാനം ഈ വിശ്വത്തിന്റെ അധിഷ്ഠാനമാണ് വിശ്വമും വിശ്വത്തിന്റെ നിധാനമും വിശ്വ രൂപനും അവിടെ നിന്നാണ് ഇതിനിപ്പോ ആരറിഞ്ഞു ഇങ്ങനെ ഭഗവാനെ അറിയണതെങ്ങനെ ദേവോ ഭൂത്വ ദേവമാരാധയേത് ദേവനെ അറിയണമെങ്കിൽ ദേവനെ പറ്റുള്ളൂ ഭഗവാനെങ്ങനെ അറിഞ്ഞു ഭഗവാന് ഭഗവാനായിട്ട് ഇരുന്നു കൊണ്ട് ഭഗവാൻ വേത്താസി പരം ചധാമ അറിയപ്പെടുന്ന വസ്തു അറിയുന്നവൻ ഇതൊക്കെ സംഭവിക്കുന്നത് ഒരു പരമധാമത്തില് ആത്മാവല് പ്രപഞ്ചത്തിന് എങ്ങനെ അറിഞ്ഞു പ്രപഞ്ചം ഉണ്ട് എന്ന് പ്രപഞ്ചം പറഞ്ഞു അല്ല നമ്മൾ അറിഞ്ഞോ അറിയുന്നവൻ ഞാനാണ് സൂര്യൻ ചന്ദ്രനൊക്കെ ഉണ്ടെങ്കിൽ അറിയണമെന്നില്ലെങ്കിലോ അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണ് ആ കണ്ണുണ്ടായോ മാത്രം പോരാ മരിച്ചു പോയാൽ ചിലപ്പോ പുറത്ത് കണ്ണൊക്കെ ഉണ്ടാവും കണ്ണിന് കണ്ണു മനമാകുന്ന കണ്ണ് അതിന് കണ്ണായിരുന്ന പൊരുളൊന്നുള്ളിലുണ്ട് അതിനെയാണ് ഇവിടെ വേത്താവേദ്യം എന്ന് പറഞ്ഞത് അതിനകത്ത് ജീവനാണെന്ന് ധരിക്കരുത് പരംചധാമ അത് തന്നെ വൈകുണ്ഠം ധാമം ഈശ്വരന്റെ ഇരിപ്പിടം അത് തന്നെ ഈശ്വരസ്വരൂപം പരമപുരുഷൻ അനുഭവത്തിൽ വരുന്നത് ഹൃദയത്തില് എങ്ങനെ അറിഞ്ഞു ഭഗവാനെ അനന്തരൂപ ത്വയാ തം വിശ്വം വിശ്വം എന്ന് വെച്ചാൽ അറിവ് ഇന്ദ്രിയവേദ്യമായ അറിവാണല്ലോ വിശ്വം ഇന്ദ്രിയവേദ്യമായ അറിവും മനസ്സും അറിയപ്പെടുന്നവനും ഒരു അറിവാണ് ഇപ്പൊ സ്വപ്നത്തില് വിശ്വരൂപദർശനം ഉണ്ടായാൽ ആ വിശ്വരൂപ ദർശനം കാണുന്നവൻ കാണപ്പെടുന്ന വസ്തു ഒക്കെ ഒരേ അധിഷ്ഠാനത്തിലാണ് സ്വപ്നം കാണുന്നത് അല്ലെ കാണുന്നവൻ തന്നെയാണ് സ്വപ്നം സ്വപ്നത്തിനുള്ളിലുള്ള വിശ്വരൂപവും കാണുന്നവൻ തന്നെയാണ് കാണ കാണി അതിനെ കാണിച്ചു തരുന്ന വെളിച്ചമും കാണുന്നവൻ തന്നെയാണ് അപ്പോ ത്വയാതം വിശ്വം ഈ അനുഭവപ്പെടുന്ന വിശ്വം മുഴുവനും ഭഗവാനെ അങ്ങ് വ്യാപിച്ചിരിക്കുന്നു വിശ്വാത്മാ എന്ന് ഭഗവാൻ പേര് ശ്രുതിപ്രോക്തമായ പേര് യോ വിശ്വാത്മാ ഷയാൻപോൻ സ്ഥവിഷ്ടമതിവിഭവാൻ ജ്യോതിഷവേന സൂക്ഷ്മ സർവേതാ സ്വാത്മനി സ്ഥയ വിശേഷൻ സ്വപിതി ജാഗ്രതത്തിലെ വിശ്വം മുഴുവൻ അനുഭവിക്കുന്നു സ്വപ്നത്തിലെ ഉള്ളിൽ എന്തൊക്കെയോ കണ്ട് അനുഭവിക്കണു ഉറക്കത്തിലെ എല്ലാത്തിനെയും അങ്ങട് തന്നിൽ തന്നെ സംഹരിച്ചിട്ട് താൻ മാത്രമായിട്ട് നിർവിശേഷമായിട്ട് ഇരിക്കണം ഏതൊന്ന് നിർവിശേഷമായിട്ട് സുഷുപ്തിയിലിരിക്കണോ അത് തന്നെ സ്വപ്നത്തിൽ വ്യാപിച്ചിരിക്കുന്നുണ്ട് അത് തന്നെ ജാഗ്രതത്തിലും ഏത് വിശ്വനോ അത് തന്നെ തൈജസൻ ഏത് തൈജസനോ അത് തന്നെ പ്രാജ്ഞൻ ജാഗ്രതത്തിലുള്ള പേഴ്സണാലിറ്റി ഈഗോ അഥവാ ജാഗ്രതത്തിലുള്ള ഈഗോനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രൂപത്തിനെ ഉപനിഷത്ത് വിശ്വൻ എന്ന് വിളിക്കുന്നുണ്ട് സ്വപ്നത്തിനെ അറിയുന്ന പ്രകാശത്തിനെ തൈജസൻ എന്ന് വിളിക്കണം സുഷുപ്തിയിൽ ഒന്നുമില്ലാതെ സുഖമായിട്ട് ഉറങ്ങണ ആ സമയത്ത് പ്രാജ്ഞൻ ഈ മൂന്നും ഒരേ ആത്മാ തന്നെ ആത്മാ തന്നെയാണ് എല്ലാത്തിനെയും അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുവും പരമധാമവും ഒക്കെ ഹേ വിശ്വരൂപ അനന്തരൂപ ത്വയാതം ഇതം സർവം ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ഭഗവാനെ അവിടുത്തെ വൈഭവം തന്നെയാണ് വായുഗ്നിർവരുണ ശസ്വം പ്രവിതാമഹസ്തേസ്കൃത്വ പുനശ ഭൂയോഭി നമോ നമസ്തേ ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് എങ്കിലും കണ്ടുപോ വായു ഭഗവാനാണ് യമൻ ഭഗവാനാണ് സമയത്തിൽ ഒന്ന് കൊണ്ടുപോകണമല്ലോ അല്ലേ യമൻ ഭഗവാന്റെ സ്വരൂപമാണ് വരുണഹ ശശാങ്ക ചന്ദ്രൻ പ്രജാപതി പ്രഭിതാമഹ നമോ നമസ്തേ എന്നല്ല പറഞ്ഞു നമ്മള് അർജുനന് നമസ്കരിച്ച് നമസ്കരിച്ച് മതിയായില്ല അതുകൊണ്ട് വീണ്ടും വീണ്ടും നമസ്കരിക്കാൻ പുറകെ ചെന്ന് നമസ്കരിക്കുന്നു മുൻപിൽ നമസ്കരിക്കുന്നു വശങ്ങളിൽ നമസ്കരിക്കുന്നു നമ പുരസ് പൃഷ്ടമോസ്തു തേതേ അനന്ത വീരയാമിത വിക്രമസ്വം സർ സമാഷി തോസി സർവ മുമ്പിൽ നമസ്കാരം പുറകിൽ നമസ്കാരം എല്ലാ വശത്തും നമസ്കാരം ഇതൊക്കെ പറയുമ്പോൾ നാളെ ഇനിയിപ്പോൾ തനിയെ ഈ ശ്ലോകം പഠിക്കുമ്പോൾ അതിന് പുറകില് ഉള്ള ഭക്തി അർജുനൻ ഉണ്ടാവുന്ന ആ ഒരു പ്രിയം അത് ഓർമ്മ വയ്ക്കണം അല്ലാതെ വെറുതെ നമസ്കരിച്ചോന്ന് നമസ്കരിച്ചോ എന്ന് പറഞ്ഞാൽ ചിലർ എക്സസൈസ് ഉണ്ട് നമസ്കരിച്ചോണ്ടേ ഇപ്പം സൂര്യ നമസ്കാരമൊക്കെ യോഗാവാണ് അതിൽ അത് ചിലരൊക്കെ അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ശരീരത്തിന് നല്ല ബലം വരും എന്ന് പറഞ്ഞ് നമസ്കരിക്കും തെറ്റില്ല കുഴപ്പമൊന്നുമില്ല ഒരു നല്ല അഭ്യാസാണ് എങ്കിലും ഇവിടെ അർജുനൻ ചെയ്യണത് അങ്ങനെയല്ല അടുത്തുള്ള കൃതാർത്ഥത ഭക്തി ആ പ്രിയത്തില് എത്ര നമസ്കരിച്ചിട്ടും പോയാ പോരാ അപ്പൊ വീണ്ടും വീണ്ടും നമസ്കരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഞാനീയുടെ നമസ്കാരം എങ്ങനെയാന്ന് വെച്ചാ നമസ്കരിച്ചിട്ട് എഴുന്നേൽക്കണേ ഇല്ല ആ അഭിമാനം മൂലത്തിൽ അടങ്ങി പോണതാണ് ഉത്തമ നമസ്കാരം അതുകൊണ്ട് പ്രത്യേക നമസ്കാരം പിന്നെ അവർക്ക് ചെയ്യാനില്ല നിസ്തുതിഹി നിർനമസ്കാര നിസ്വധാകാറേ വച്ച് അവർക്ക് സ്തുതിയുമില്ല നമസ്കാരവും ഇല്ല അഭിമാനം ഉണ്ടെങ്കിലേ ആ നമസ്കരിക്കണം എന്നുള്ള ഭാവവും ഇല്ല അതുമില്ല അഭിമാനം കൊണ്ട് നമസ്കരിക്കാതിരിക്കുകയല്ല അഭിമാനം പോയത് കൊണ്ട് നമസ്കരിക്കപ്പെടേണ്ട വസ്തുവോ നമസ്കരിക്കാനൊരു അഭിമാനം ഇല്ല അവിടെ എപ്പോഴോ നമസ്കരിച്ച് ഇല്ലാതായിപ്പോയി അപ്പൊ ഇങ്ങനെ നിന്നിട്ട് നമ്മളിങ്ങനെ വീഴാണല്ലോ അല്ലേ നമസ്കാരം വീഴലാണ് ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ നിന്നുകൊണ്ടേയിരിക്കും മരിച്ചാൽ എന്താവും മരിച്ചാൽ ഫസ്റ്റ് സൈൻ എന്താ വീഴും അല്ലേ അതേപോലെ ഈ അഭിമാനം പോകുമ്പോൾ നാച്ചുറലായിട്ട് വരണതാണ് ശരീരം വീഴാന്ന് പറയണത് പ്രോസ്ട്രേഷൻ പ്രോസ്ട്രേഷൻ വീണു നമസ്കരിക്കും ധനിയെ നടക്കാം നമ പുരസ്താസ്തേ നമോസ്തുവതയേ എന്തിനാണ് നമസ്കരിക്കുന്നത് അനന്ത വിക്രമ ഭഗവാനെ അങ് ആരാണ് അനന്ത വീര്യ അമിത വിക്രമ ഈശ്വരന്റെ വീര്യത്തിന് അളവില്ല അമിത വിക്രമൻ വെച്ചാൽ ജീവന് അഹങ്കാരമുള്ളത് കൊണ്ട് ജീവന് സ്വയമേവ ഭഗവാന്റെ അടുത്ത് പോവാൻ സാധിക്കണില്ലേ അപ്പൊ ഭഗവാൻ ഇവനെ ഓടിച്ചിട്ട് പിടിക്കുകയാണ് അതാണ് ഈശ്വരന്റെ അമിത വിക്രമത്വം നമ്മൾ ശരണാഗതി ശരണാഗതി ഒക്കെ നമ്മൾ ചെയ്യണം നമുക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് ചെയ്യുമെങ്കിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് പാട് നമ്മളങ്ങട് സരണ്ടർ നമുക്ക് ചെയ്യാൻ പറ്റുമോ സരണ്ടർ ചെയ്തു ഒരു അഭിമാനം ഉണ്ടാവും അത്ര തന്നെ എങ്ങനെ ചെയ്യും ഈശ്വരൻ അതുകൊണ്ട് തമിഴിലൊരു വാക്ക് തടുത്ത് ആൾക്കൊള്ളൽ എന്നാണ് പറയുക അതായത് ഈശ്വരൻ ഇങ്ങോട്ട് ഒന്ന് പിടിക്കുകയാണ് ജീവനെ ഓടിച്ചിട്ട് പിടിച്ച് അഭിമാനം ഇല്ലാതാക്കണിക സ്വാമി ഉൾ പറയണ്ട ഒരു പാട്ട് ഞാൻ അഭിമാനത്തോടെ ലോകത്തില് നടന്നു ഈശ്വരൻ എന്നെ ഓടിച്ച് പിടിച്ച് തടുത്ത് പിടിച്ച് നിർത്തി തല്ലി പരിഭാഗപ്പെടുത്തി എന്നാണ് നടിത്തു മണ്ണിടൈ പൊയ്യ പലശെയ്ത്ത് ലോകത്തിലെ മണ്ണിടയിന്ന് വെച്ച ലോകത്തിലെ നടിത്ത് എന്ന് വെച്ച അഭിമാനത്തില് ഞാൻ ഇവനാണ് അവനാണ് അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പൊയ്യനൈ പലശെയ്ത്ത് ഒരുപാട് കുഴപ്പങ്ങൾ കള്ളം ുംയം കടിത്തേനിർ ഒരു പാമ്പ് കടിച്ച പോലെ ഒരു വിഷം കയറി ഉള്ളില്ലേ ഞാൻ എന്റെ ഇതൊന്ന് പുറത്തു ചാടാൻ പറ്റില്ല എന്താണെന്നുവെച്ചാൽ നദിയിൽ വീണ പോലെ ഒഴുക്കിൽ പോണ പോലെ ഒരു പഴയ കർമ്മത്തിന്റെ ഇഫക്റ്റ് ഉണ്ടല്ലോ അതിങ്ങനെ തള്ളിക്കൊണ്ട് വാസന മുൻവിനൈ മിക്ക കഴറിയേ തെരുവേനൈ മുൻവിനു പഴയ കർമ്മത്തിന്റെ ഇഫക്ട് ഫോഴ്സ് അതാണ് ഇപ്പൊ സ്വഭാവമായിട്ടിരിക്കണത് ചിലരൊക്കെ പറയും നന്നാവണം വിചാരിക്കും പറ്റണ്ട എന്താ ചെയ്യ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ വിചാരിക്കും പക്ഷെ അത് ഇവിടുന്ന് ഇങ്ങോട്ട് പോയി കഴിയുമ്പോ മറന്നുപോകും ജാനുവരി ഒന്നാം തീയതി തീരുമാനിക്കും വൈകുന്നേരം ആവുമ്പോഴേക്കും പോകും അടുത്ത ദിവസം ഒന്നും ആവണ്ട നന്നാവണം വിചാരിക്കും പറ്റില്ല എന്ത് മുൻവിനയമിക്കോഴ്സ് നേച്ചറായിട്ട് മാറിയിരിക്കുകയാണ് ക്യാരക്ടറായിട്ട് മാറിയിരിക്കുകയാണ് അങ്ങനെ പോകുമ്പോ ഈശ്വരൻ എന്ത് ചെയ്തു നമ്മളെ കൊണ്ട് വയ്യാതാവുമ്പോ നമുക്ക് സ്വയം സർജറി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഡോക്ടറെടുത്ത് കൊണ്ട് കൊടുത്ത് ചെയ്യാൻ പറയണത് അല്ലെ എഴുതി കൊടുക്കുകയാണ് എന്തു വന്നാലും വേണ്ടില്ല എന്ന അർത്ഥം ഇടയില് ആള് പടം വിട്ടാലും കുഴപ്പമില്ലേ എഴുതി കൊടുക്കുകയാണ് അൺകണ്ടീഷണൽ അതാണ് അൺകണ്ടീഷണൽ സറണ്ടർ അപ്പൊ ഈശ്വരൻ എന്ത് ചെയ്തു ഓടിച്ചിട്ട് പിടിച്ചു എന്നാണ് പിടിത്ത് മുമ്പിൽ വന്ന് നിന്നു അത്ര പോണ റോഡ് ചെറിയ സന്ത് ഒരാൾ മുമ്പിൽ വന്ന് നിന്ന് അങ്ങോട്ട് കിടക്കാൻ വയ്യ അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്തു അടിത്ത് അടിച്ചു എന്നാണ് ഒരുപാട് തല്ലുകൊടുത്തു അത്ര തല്ല് എന്താന്ന് വെച്ചാ ദുഃഖം ജീവിതത്തിൽ നമ്മളെ പരിപാകപ്പെടുത്തി എടുക്ക എല്ല വേണം വറത്തെടുക്ക ദുർവാര സംസാര ദവാഗ്നി തപ്തം ദോദൂയമാനം ഉം ഈശ്വരൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പ്രാരബമാകുന്ന ചീനച്ചട്ടിയിലിട്ട് സംസാരതാപത്തിന്റെ തീ കൊളുത്തി ഇടയ്ക്ക് ഇത്തിരി ഇത്തിരി സത്സംഗം നെയ്യൊക്കെ ഒഴിച്ച് സുഖാനുഭവങ്ങളുടെ കുറച്ച് കുറച്ച് മധുരമൊക്കെ അതിലിട്ട് ഇടക്ക് നല്ല കുരുമുളകും അതിനകത്ത് വറുത്തിട്ട് അങ്ങനെ വറുത്ത് വറുത്ത് വറുത്ത് വറുത്ത് എടുക്കുകയാണ് ഉം പരിപാകപ്പെടുത്തി എടുക്കുകയാണ് അങ്ങനെ പരിപാകപ്പെടുത്തി എടുക്കുകയാണ് ആരാ ചെയ്ത് പെരുമറയെ തേടിയ പരംപൊരുൾ വേദം വേദനായകനായ ഭഗവാൻ അടിത്ത് അടിത്ത് അവസാനം മധുരമായ ഭഗവത് അനുഭൂതിയെ തീറ്റി തീറ്റിക്കാണെന്നാണ് വച്ചാ അതിപ്പോ തീറ്റിക്കണോ അത് നമ്മൾ തന്നെ തിന്നില്ലേ മധുര അല്ലേന്ന് വെച്ചാ അത് വേറെ എന്തൊക്കെയോ തിന്ന് പഴകിപ്പോയി മധുരം ഒന്നും ഇഷ്ടല്ല അതുകൊണ്ട് ുള്ളിലേക്ക് അങ്ങോട്ട് ഇട്ടു തരുകയാണ് ആ ഒരു വൈഭവത്തിനെ വിസ്മയത്തിനെ ആശ്ചര്യത്തിന് എങ്ങനെ പറയും അപ്പൊ അതാണ് ഈശ്വരന്റെ അമിത വിക്രമത്വം ഇതിനാണ് നമ്മൾ ഈശ്വര തത്വത്തിനെ അറിയണത് അധ്യാത്മ സാധനയിൽ ഈശ്വര തത്വം എന്തിനാണ് ഈശ്വര തത്വം ഇല്ലെങ്കിൽ എന്താ ഈശ്വര തത്വം ഇപ്പോ ഈ മൈക്ക് ഇവിടുന്ന് നീക്കണമെങ്കിൽ തന്നെ ഒരു ഫോഴ്സ് ഇങ്ങനെ ഉപയോഗിക്കണം െ അതുപോലെ ഈ മനസ്സ് ഇന്ദ്രിയങ്ങളൊക്കെ ഒരു ഫോഴ്സ് ആണല്ലോ സെന്റർ ഓഫ് ഫോഴ്സ് നമ്മൾ പിടിച്ചിട്ടൊന്നും നിക്കുന്നില്ല അറിയാത്തതിന് കുഴപ്പമൊന്നുമില്ല അപ്പോ അറിവിന് വീര്യം പോരാ അപ്പൊ പുറത്തൊന്നും ഒരു പ്രൊട്ടക്ഷൻ ഇതൊന്നുമില്ലാതെ ഞാൻ തനിയെ നിന്നോളെന്ന് പറയാനുള്ള ബലമല്ല എല്ലാത്തിനും നമ്മൾ ആശ്രയിക്കുന്നുണ്ട് അതുകൊണ്ട് ആശ്രയസ്ഥാനത്തിനെ ഈശ്വരനിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഭാഗവതത്തില് ദശമ ലക്ഷണം പത്ത് ലക്ഷണങ്ങൾ പറഞ്ഞു പത്താമത്തെ ലക്ഷണമാണ് ആശ്രയം ഒരു കുട്ടിക്ക് ചെറിയ കുട്ടി അമ്മ അച്ഛനും ഇല്ലാതിരുന്ന എങ്ങനെയുണ്ടാവും ആശ്രയത്തിനൊരു ഒരു മാധുര്യമുണ്ട് അല്ലേ ഇപ്പൊ നമുക്ക് ഇവിടെയൊക്കെ നോക്കൂ എത്ര വയസ്സായാലും അമ്മ അമ്മയാണ് അച്ഛൻ അച്ഛനാണോ ഒരു കണക്ഷൻ ഉണ്ട് ഇപ്പൊ വെസ്റ്റില് പുതിയ സംസ്കാരം ഇപ്പൊ നമ്മളുടെ നാട്ടിലും വന്ന് തുടങ്ങിയിരിക്കുന്നു ചെറിയ കുട്ടികളെ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോയി കിടത്താം അമ്മയുടെ അടുത്ത് ഇരിക്കാൻ പാടില്ല ആ ഒരു ഒരു അടുപ്പം വരാതെ നോക്കുകയാണ് ഇതൊക്കെ ചിലര് ധരിക്കണത് നല്ല പരിചയമാണ് കുട്ടി തൻ്റെ അടുത്തോടെ വരും നല്ല തൻ്റെ അടുത്തോടെ വരും അമ്മയോ അച്ഛനോ ഒന്നും ഇല്ലാതായിട്ട് തരും അതിനൊരു കണക്ഷൻ ഇല്ല ഒരു റിലേഷൻഷിപ്പ് അറിയില്ല മാതൃഭാവം എന്താണെന്ന് അറിയില്ല പിതൃഭാവം എന്താണെന്ന് അറിയില്ല മാതൃഭാവവും പിതൃഭാവവും ഏതൊരു ജീവൻ അറിയില്ലയോ അതിന് ഈശ്വര തത്വവും അറിയില്ല ശ്രുതി പറയാ മാതൃമാന് പിതൃമാന് ആചാര്യവാന് വേദ മാതൃതത്വത്തിന്റെ ടേസ്റ്റ് ഒരു ജീവന് കിട്ടണം തായിനുൾ അൻപ് വയ്ത്താർ തന്തയുൾ അറിവ് വയ്ത്താർ ഈശ്വരന്റെ സ്പാർക്കാണ് അതെ അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈശ്വരനെ ഒന്നും അറിയാൻ പറ്റില്ല അപ്പൊ കുട്ടി എവിടെയോ കൊണ്ടുപോയി കുട്ടിക്ക് കണക്ഷനേ ഇല്ല ആശ്രയം അറിയില്ല അപ്പൊ കുട്ടി എന്തിനെ ആശ്രയിക്കണു ഈഗോ ഹങ്കം ആശ്രയം ലോകത്തിലെ ആശ്രയം സ്വാധീനം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഋഷികൾ പറഞ്ഞത് സത്സംഗം വേണം മഹാപുരുഷ സമ്പർക്കം വേണം മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ശുതി ഉപനിഷത്താണ് പറയണത് അയ്യ് നിങ്ങള് അറ്റാച്ച്മെന്റ് ഒന്നുമില്ല അതുകൊണ്ട് അമ്മയൊക്കെ കൊണ്ടുപോയി ദൂരെ കളയുക എന്ന് പറഞ്ഞോ ആചാര്യദേവോഭവ അതിഥിദേവോ ഭവ കംപ്ലീറ്റ് കണക്ഷൻ ആണ് പഴയ കാലത്തൊന്നും ലോഡ്ജൊന്നും ഇല്ലല്ലോ ഏതെങ്കിലും വീട്ടിന് മുമ്പിൽ പോയി കിടക്കും ആഹാരം ചോദിക്കും കൊടുക്കും ഓരോ വീടും അതിഥിദേവോ ഭവ ഇപ്പോഴാണ് എല്ലാവരെയും പേടിയാണ് ഇപ്പൊ നമുക്ക് ആര് വന്നാലും ഭയം അടുത്ത വീട്ടിൽ ആരായിരിക്കണത്ത അറിയില്ല റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ ഈശ്വരനെ അറിയില്ല അടുത്ത വീട്ടിലാ അവർക്ക് ഇവരെ അറിയില്ല അവർക്ക് അവരെ അറിയില്ല ഒക്കെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് ശ്രുതി ഉപനിഷത്താണ് പറഞ്ഞത് അമ്മ അച്ഛൻ ബന്ധുക്കൾ അതിഥിന്ന് വെച്ച സൊസൈറ്റിയിലെല്ലാം കംപ്ലീറ്റ് ഇൻവോൾവ്മെന്റ് ആണ് എന്താന്ന് വെച്ചാൽ ഇത് വിശ്വരൂപമാണേ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാനേ ഇത് ഈശ്വരന്റെ സ്വരൂപാണ് ഇതിന്ന് പിരിഞ്ഞിട്ട് ഒരാൾക്ക് തനിയെ ഒന്നും നിൽക്കാനോ കുറച്ചു കാലത്തേക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾ തനിയെ ഇരിക്കാമെന്നല്ലാതെ തനിച്ച ആശ്രയമില്ലാതെ ഒരു ജീവിതമേ അല്ല വെറുതെ പറയാമോ നമുക്ക് അത്രേ ഉള്ളൂ ആശ്രയമില്ലാതിരിക്കുന്നത് ബ്രഹ്മമായിട്ടാണ് ശരീരത്തിൽ വന്നോ ആശ്രയമുണ്ട് ആശ്രയമുണ്ടോ ഈശ്വരനെ ആശ്രയിക്കേണ്ടി വരും ഈശ്വരൻന്ന് വെച്ചാൽ എന്താ ആത്മാവിന്റെ തന്നെ സാകാര സ്വരൂപം വിശ്വാത്മാ അവിടെ മാതൃഭാവം പിതൃഭാവം എല്ലാം ഈശ്വരനെ തന്നെ ഉണ്ട് അതാണ് പിതാസി ലോകസ്യ ചരാചരസ് തുമസ്യ പൂജ്യശ്ച ഗുരുഹൂ കരിയാന് അർജുനൻ തന്നെ പറഞ്ഞു നീ അച്ഛനാണ് ആരുടെടുത്താ പറയണത്തോ നോക്കൂ കൂടെ ഫ്രണ്ടായിട്ട് വന്ന ഭഗവാൻ അല്ലേ ഫ്രണ്ടാണ് കുറച്ചു മാസങ്ങളെ വലിപ്പമുള്ളൂ കൃഷ്ണൻ ആ കൃഷ്ണനെ അർജുനൻ ഇപ്പൊ എങ്ങനെ കാണുന്നു നീ അച്ഛനാണ് നീ അമ്മയാണ് നീ ഗുരുവാണ് ബ്രഹ്മമായിട്ട് കാണുമ്പോഴുള്ള വിശേഷനാണതെ ബ്രഹ്മമായിട്ട് കാണുമ്പോ ഇലക്ട്രിസിറ്റി മാതിരി ഒരു സാധനമായിട്ടല്ല കാണുന്നത് ഒരു ഒരു ഊർജം മാതിരി ഒരു ചൈതന്യ കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോ എലക്ട്രിസിറ്റി മാതിരി ഒരു വസ്തുവല്ല പൂജ്യാന് പ്രിയത്തിന്റെ മുഴുവൻ ഘനീഭൂത വിഗ്രഹമായിട്ടാണ് ഭഗവാന് അവിടെ സഖേതിമത് പ്രസം യഥക്തം ഞാൻ ഫ്രണ്ടായിട്ട് കരുതി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി അജാനതാ മഹിമാനം പ്രണയേന വാപ്പി യഹാസാർത്ഥം അസത്കൃതോസി വിഹാര സയ്യാസന ഭോജനേഷു കിടക്കുമ്പോഴൊക്കെ ഒന്നിച്ച് കിടന്നിട്ടുണ്ട് കൂടെ കളിച്ചു നടന്നിട്ടുണ്ട് കൂടെ ഊണിച്ചിട്ടുണ്ട് ക്ഷാമയെ ത്വാം എന്നെ ക്ഷമിക്കണം ഞാൻ എന്തെങ്കിലും അപചാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ പൊറത്തോളാം ക്ഷമിച്ചോളാം എന്ന് പറഞ്ഞ് അർജുനൻ ഭഗവാനെ ആശ്രയസ്വരൂപമായി ഭഗവാനെ കാണുകയാണ് അവിടെ ഭഗവാന്റെ അമിത വിക്രമത്വത്തിനെ ആശ്രയിക്കാണ് ഈശ്വരത്വത്തിനെ ആശ്രയിക്കാണ് അതായത് ഞാൻ വഴി തെറ്റിപ്പോയാലും ഭഗവാൻ ഉണ്ടാവണം ഭഗവാന്റെ ഒരു ദൃഷ്ടി നമ്മളുടെ മേലെ ഉണ്ടാവണം നമ്മൾക്ക് ഭഗവാന്റെ മേലെ ഇരിക്കണത് പോട്ടെ ഭഗവാനോട് പറഞ്ഞു വെക്ക എന്നെ നോക്കിക്കൊള്ളണം അതാണ് അമിത വിക്രമത്വം വരിക്കുക എന്ന് പറയുന്നില്ലേ വരണം ഈശ്വരനെ ഇങ്ങോട്ട് വരിക്കാണ് എന്റെ മനസ്സിനെ എനിക്ക് ആശ്രയിക്കാനൊന്നും പറ്റില്ല ഇന്നും ഇങ്ങനെ ഉണ്ടാവും നാളെ വേറെ വിധത്തിലുണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും തോന്നും അതുകൊണ്ട് എന്റെ മനസ്സ് വിചാരിച്ചിട്ടൊന്നും എനിക്ക് നേടിയെടുക്കാൻ പറ്റില്ല ഭഗവത് ഭക്തി ഒന്നും ഉണ്ടാവില്ല ഭഗവത് ആശ്രയം ഉണ്ടാവില്ല ഭഗവാന്റെ കൃപ കാരുണ്യം അതിനെ ഇൻവോക്ക് അതിനെ ആഹ്വാനം ചെയ്യാണ് തസ്മായ പ്രണിധായ കായം പ്രസാദയേ ത്വാമഹമീഷമീഠ്യം പിതേവ പുത്ര സഖേവ സഖ്യു പ്രിയർസി പിതൃഭാവം മാതൃഭാവം മാധുര്യഭാവം സഖ്യഭാവം എല്ലാം ഇതിനകത്ത് വന്നു ഇതേമാതിരി ഇതേ വിധത്തിലാണ് ഭാഗവതത്തിലും ഭഗവാനെ ഓർത്തോർത്തു പറയണത് തസ്മാത് അതുകൊണ്ട് ഭഗവാനെ പ്രണിതായ ഞാനിതാ സാഷ്ടാംഗം അങ്ങോട്ട് വീഴണം കായം ശരീരത്തിന് ഞാനിതവിടെ ഇടുക പ്രസാദയെ ഭഗവാന്റെ കാല് പിടിച്ചുകൊണ്ട് പറയാണ് എനിക്ക് കൃപച്ചൊറിയണം എന്നോട് പ്രസന്നമാവണം ത്വാമഹമീഷമീഠ്യം അവിടുന്ന് ആരാണ് ഈശ്വരനാണ് നമസ്കാരയോഗ്യനാണ് ഈഡ്യനാണ് ഞാൻ എങ്ങനെ തന്നെ സഹിക്കും നീ എന്തൊക്കെ വേണ്ടാത്തവരാ ചെറുതിരിക്കണം പിതേവ പുത്ര വേദം ആദ്യമന്ത്രം തന്നെ ആ ഒരു ഉദാഹരണം ആ പറയുന്നത് സനഹ പിതേവ സൂനവേ അഗ്നേ സൂപായനോഭവ ഹേ അഗ്നെ പിതേവ സൂനവേ ഒരച്ഛൻ പുത്രനോടെ എന്ന വണ്ണം സൂപായുനോഭവ എനിക്ക് അടുക്കാൻ പറ്റുന്നവനായിട്ട് തീരു അഗ്നി ഭഗവാന് പിതേവ പുത്ര സഖേവ സഖ്യു ഒരു സഖാവ് മറ്റൊരു സഖാവനോട് എന്ന വണ്ണം ഫ്രണ്ടിനോട് എന്ന വണ്ണം ിയായാർഹസി മധുരഭാവം ഒരു പ്രിയൻ ഒരു പ്രിയയോടെ തന്നെ വേണം ഗോപികകളോടൊക്കെ അങ്ങ് എങ്ങനെ പെരുമാറിയോ അതുപോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടാമോ എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടോ സോടും സഹിച്ചോളാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിച്ചോളാം നിർത്തിയില്ല എന്താന്ന് വെച്ചാൽ അതെന്താ ദൂഷ്യം ഞാൻ എന്ത് ചെയ്യും ോം സഹി ചൂടാ വൃത്തില അദൃഷ്ടപൂർവം ഹൃഷിതോസ് ദൃഷ്ട്രഭയന മനോ മേ തേ ദർശയവ േശന്നിവാസ അദൃഷ്ടപൂർവം ഹൃഷിതോസ്മി ദൃഷ്ടം ഇതിനു മുമ്പ് ആരും കണ്ടിട്ടില്ലാത്തത് എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞതാണ് അത് കണ്ടിട്ട് വളരെ ഹർഷിതനായിട്ടിരിക്കുക പക്ഷെ ഭയേനജപ്രവ്യഥിതം നോമി ഒരു ഭയുണ്ട് മുതൽ അതുകൊണ്ട് ഭഗവാൻ ഈ രൂപം വേണ്ട തദേവമേ ദർശയദേവരൂപം ആ രൂപം കാണിച്ചു തരെയാണ് ജഗന്നിവാസ ഹേ ജഗന്നിവാസ പ്രസീത പ്രസീത പ്രസന്നമായിട്ട് തീരു എനിക്ക് ആ ദിവ്യൂപം കാണിച്ചു തരൂ എന്ന് പറയുന്നത് ഏതാ രൂപം ഏത് രൂപ അപ്പൊ അർജുനന് കാണ്ടത് എന്ന് വെച്ചാൽ മനുഷ്യരൂപമല്ല വിശ്വരൂപമല്ല നടുവിലുള്ള രൂപം സഗുണ നാരായണന്റെ ആ രൂപത്തിനെ കാണാനാശിച്ചുകൊണ്ട് ചോദിക്കാണ്